ഓ വിശ്വാസികളെ നിങ്ങൾ സത്യവിശ്വാസിനികളെ വിവാഹം കഴിക്കുകയും പിന്നീട് അവരെ സ്പർശിക്കുന്നതിനു മുൻപ് വിവാഹമോചനം നടത്തുകയും ചെയ്താൽ നിങ്ങൾ കണക്കാക്കേണ്ട ഇദ് കാത്തിരിപ്പ് കാലാവധി അവർക്കില്ല അതിനാൽ അവർക്ക് മതിയായ ഉപജീവന സൌകര്യം നൽകി മാന്യമായി അവരെ വിട്ടയയ്ക്കുക